ാമത്തിൻ്റെ മഹത്വം പറഞ്ഞപ്പോ ആദ്യം മൊരുമോഹൻ പറഞ്ഞു തുടങ്ങിയ വാക്യം എന്ന് പറയുന്നത് ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകുന്നു എന്ന് പറഞ്ഞാണ് കുഞ്ഞുവാക്യം പറഞ്ഞു തുടങ്ങിയത് ആദ്യത്തെ കുഞ്ഞുകഥ പറഞ്ഞത് നാൽപ്പത്താറാം സങ്കീർത്തനത്തിലാണ് നമ്മളത് കാണുന്നത് നാൽപ്പത്താറാം സങ്കീർത്തനം അതിൻ്റെ പ്രാരംഭവാക്യമാണ് ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകും പ്രിയപ്പെട്ടവർ അതിൻ്റെ തൊട്ട് താഴെ രണ്ട് വാക്യങ്ങൾ ഇന്ന് നമ്മളായിരിക്കുന്ന സാഹചര്യത്തോട് ചേർത്ത് പ്രസക്തമാണ് എന്ന് തോന്നുന്നു അതിൻ്റെ രണ്ടാമത്തെ വാക്യം സങ്കീർത്തനക്കാരൻ പറയുകയാണ് അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യത്തിൽ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല ഒരു നദിയുണ്ട് അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു ഇന്ന് നമുക്ക് വളരെ തെളിച്ചമുള്ള ഒരു ദിവസമാണ് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ നിലയിലായിരുന്നില്ല വലിയ മഴയും വെള്ളപ്പൊക്കവും ഒക്കെയായിട്ട് നമ്മുടെ പല പ്രിയപ്പെട്ടവരുടെയും വീടുകളിലെ വെള്ളം കയറി ഈ വഴിക്ക് വാഹനങ്ങളില്ലായിരുന്നു റോഡിൽ വെള്ളമായിരുന്നു അതിനേക്കാളൊക്കെ ഉപരി സമൂഹ മാധ്യമങ്ങളിലൊക്കെ പേടിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ വന്നു മുല്ലപ്പെരിയാറൻ ഡാമിൽ നിറഞ്ഞു കവിഞ്ഞെന്നോ അത് കവിഞ്ഞു ഇനിയിപ്പോൾ ഇടുക്കി ഡാമിലോട്ടുള്ള വെള്ളമെല്ലാം പോകുമെന്നും ഇടുക്കി ഡാം ഉടനെ പൊട്ടുമെന്നും കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകൾ പൂപടത്തിൽ നിന്ന് തന്നെ അങ്ങ് കുലിച്ചു പോകുമെന്നോ ഒക്കെയാണ് നമ്മൾ കേട്ടിരുന്നത് ആ സാഹചര്യമൊക്കെ നോക്കുക ഇവിടെ ഇപ്പോൾ പറയുക അതിൻ്റെ രണ്ടാമത്തെ വാക്യം നമ്മൾ പറഞ്ഞു അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യയെ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും ഭയപ്പെടുകയില്ല കണ്ടോ ഒരു വലിയ ഒരു അനർത്ഥത്തെക്കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഉള്ളൊരു വലിയ ഒരു അനർത്ഥം എന്താ സംഭവം ഭൂമി മാറിപ്പോയി ഭൂമി മാറിപ്പോയി നമ്മൾ വളരെ വേഗത്തിൽ ഇപ്പോൾ അങ്ങ് വായിച്ചു വിടും പക്ഷേ ഇത് പാടിയ ആളുകളെ ഓർക്കണം ആരുടെ ആരുടെ സങ്കീർത്തനം കോരഹുപുത്രന്മാരുടെ സങ്കീർത്തനം അവർ ഞാൻ ചിലപ്പോൾ ഈ നമ്മുടെ ഈ ബൈബിളിലെ കഥാപാത്രങ്ങളെയൊക്കെ മനസ്സിൽ സങ്കല്പിക്കാറുണ്ട് അവരൊക്കെ എങ്ങനെയൊക്കെ ആയിരുന്നിരിക്കാം എന്നൊക്കെ അല്പഭാവന കലർത്തി ചിന്തിക്കാറുണ്ട് അപ്പോൾ ഈ കോരഹൂത്രന്മാരുടെ ഏറ്റവും വലിയ പേടി അല്ലെങ്കിൽ രാത്രിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഉറക്കത്തി സ്വപ്നം കണ്ട് ഞെട്ടി എണ്ണിക്കുന്ന പോലെ ഞാൻ ചിലപ്പോൾ ചിന്തിക്കും കോരഹൂത്രന്മാരുടെ ഏറ്റവും വലിയ പേടി എന്താ കാലിൻ്റെ കീഴിൽ നിന്ന് ഭൂമി മാറിപ്പോകുമോ എന്നുള്ള പേടിയാണ് ഏറ്റവും വലിയ പേടി കാരണം അവരുടെ മാതാപിതാക്കൾ അവരുടെ കണ്ണിന് മുൻപിൽ അവരുടെ കാൽ കീഴിൽ നിന്ന് ഭൂമി മാറിപ്പോവുകയും ഭൂമി ജീവനോടെ അവരെ വിഴുങ്ങിക്കളയുകയും ചെയ്യുന്നത് കാണാനുള്ള നിർഭാഗ്യമുണ്ടായ ആളുകളാണ് നമ്മളൊന്നാലോചിച്ച് നോക്കുക നമുക്കങ്ങനൊരു അത്യാഹിതം ഉണ്ടായാൽ നമ്മുടെ പ്രിയപ്പെട്ടവർ ഏതെങ്കിലും നിലയിൽ അങ്ങനെ ഒരു കാര്യത്തിലൂടെ കടന്നുപോയാൽ എന്നും സ്വപ്നത്തിൽ ഇത് നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും ഇല്ലേ എന്ന് പറഞ്ഞതുപോലെ ഈ കോരഹപുത്രന്മാർ ഒരു വലിയ ആപത്തിനെക്കുറിച്ച് പറയുമ്പോൾ അവർ ആദ്യം പറയുന്നത് എന്താ ഭൂമി മാറിപ്പോകും ഭൂമി മാറിപ്പോയാലും അതീ കവിഞ്ഞ ഒരു പേടി അവർക്ക് പറയാനില്ല നമ്മൾ സംഖ്യാപുസ്തകം നമുക്കെല്ലാം ഈ ചരിത്രമറിയാം സംഖ്യാപുസ്തകം പതിനാറാം അധ്യായം അതിൻ്റെ മുപ്പത്തിരണ്ടാമത്തെ വാക്യം ഇരുപത്താറാമത്തെ അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ഇതൊക്കെ വായിക്കുമ്പോൾ കോരഹ് ദാതെ അബീറ ഇവരെ ഇവരുടെ നേതൃത്വത്തിൽ മോശയ്ക്കും അഹരോനും എതിരെ ഒരു വലിയൊരു കൊട്ടാര വിപ്ലവം എന്ന് നമ്മൾ പറയുന്ന ഒരു കൂതിത്ത നടന്നു എന്താ ആ ഇവരെ ഇവരോട് മാത്രമേ ദൈവം അറളി ചെയ്തിട്ടുള്ളൂ ഞങ്ങളും എന്താ ലേവി ലേവി ഗോത്രത്തിൽപ്പെടുന്ന ആളുകളാണ് എന്ന് പറഞ്ഞ് അവർ മത്സരിച്ചു മത്സരിച്ചു ദൈവം ഒരിക്കലും സഹിക്കാത്ത ഒരു കാര്യം മത്സരമാണ് മത്സരം പ്രിയപ്പെട്ടവരെ പാപങ്ങൾ പലതരമുണ്ട് എന്നാൽ മത്സരം ആദി പാപം കർത്താവിൻ്റെ ദൈവത്തിൻ്റെ ദൂതനായിരുന്ന ലൂസിഫർ മത്സരിച്ചപ്പോഴാണ് അവൻ പിശാചായി തീർന്നത് അതുകൊണ്ട് തന്നെ അത് നിലയിൽ നമ്മളൊരു ജഡത്തിലെ ഒരു മാലിന്യത്തെക്കാൾ അപ്പുറത്തെ ആഴത്തിൽ വേരുകളുള്ള ഒരു കാര്യമാണത് ദൈവം എന്ത് ചെയ്തു ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഈ നിലയിൽ മത്സരിച്ച ആളുകളെ എല്ലാവർക്കും ഒരു പാഠമെന്നുള്ള നിലയിൽ അവരെ ഭൂമി ആളുകളുടെ കണ്ണിന് മുമ്പിൽ കണ്ട് അവരെ വിഴുങ്ങിക്കളയാനായിട്ട് ദൈവം അങ്ങനെ ഒരു കാര്യമാണ് ഏൽപ്പിച്ചത് എന്നാൽ ആ മത്സരത്തിന് നേതൃത്വം നൽകിയ കോരഹും ദാദാനും അബിറാമും ഒക്കെ അത് കുടുംബമായിട്ട് നശിച്ചു പോയെങ്കിലും കോരഹപുത്രന്മാർ അതിനിടയിൽ ഓടിച്ചെന്ന് ദേവാലയത്തിൽ സമാഗമന കൂടാരത്തിൽ ദൈവസന്നിധിയിലേക്ക് അഭയം പ്രാപിക്കുകയും അവർ പിന്നീട് ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയും കീർത്തനങ്ങൾ രചിക്കുകയും ആ തലമുറയെ മുഴുവൻ അവരുടെ മുന്നോട്ടുള്ള തലമുറയെ മുഴുവൻ കോരഹപുത്രന്മാർ എന്ന നിലയിൽ അവരെക്കുറിച്ച് പരാമർശിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്കറിയാം ഞാൻ പറഞ്ഞു വന്നത് ഭൂമി മാറിപ്പോയാലും എന്ന് പറയുമ്പോൾ അവർക്കൊരു നടുക്കമുണ്ട് അധികവിഞ്ഞൊന്നും വരാനില്ല ഏ അവർ ഭൂമി വിഴുങ്ങി താഴേക്ക് പോകുമ്പോൾ അവരുടെ നെലവിളിയൊക്കെ മേളയിൽ നിന്നൊരു കേട്ടെന്നാണ് പറയുന്നു നിങ്ങൾ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കുക സംഖ്യാപുസ്തകത്തിലെ ആ ഭാഗങ്ങളൊക്കെ വായിച്ചു നോക്കിയാൽ നമ്മൾ ഇന്ന് നടുങ്ങിപ്പോവും വായ്പിളർന്ന് ഭൂമി വിഴുങ്ങി വിഴുങ്ങി ഭൂമിയുടെ അഗാധകൃത്തത്തിലേക്ക് താണു പോകുന്ന ആളുകൾ അവരുടെ നിലവിളി അത് കേട്ട ആളുകൾ അവരുടെ കൂടാരങ്ങളിൽ നിന്നോടിപ്പോകുന്നു ഇതൊക്കെ അറിയാവുന്ന കോരഹൂത്രന്മാർ പറയുന്നു ഭൂമി മാറിപ്പോകുന്നു പിന്നെന്താ സംഭവിക്കുന്നത് പർവ്വതങ്ങൾ കുലുങ്ങുന്നു പർവ്വതങ്ങൾ കുലുങ്ങുന്നു പർവ്വതങ്ങൾ കുലുങ്ങുക മാത്രമല്ല കുലുങ്ങി അങ്ങ് വീണു പർവ്വതങ്ങൾ കുലുങ്ങി എവിടെ വീണു സമുദ്രമത്തിയെ വീണു അങ്ങനെ നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ പർവ്വതങ്ങൾ കുലുങ്ങി അവരെ അവർക്കറിയാവുന്ന ഏറ്റവും വലിയ ദുരന്തം സങ്കല്പിക്കുക പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യയെ വീണാലും അന്നേരം എന്ത് സംഭവിച്ചു ആ പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യയെ വീണത് കൊണ്ട് സമുദ്രത്തിലെ വെള്ളം എന്തോ ചെയ്തു ഇരച്ചു കലങ്ങി ഇരച്ചു കലങ്ങിയത് കൊണ്ട് എന്തോ സംഭവിച്ചു അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങി പർവ്വതങ്ങൾ കുലുങ്ങിയാൽ എന്തോ വീഴു എന്തോ പറ്റും അത് സമുദ്രമത്യേ വീഴു സമുദ്രമത്യേ വീണാലെന്ത് വെള്ളം വിരച്ച് കലങ്ങിയാൽ എന്താ പറ്റും പർവ്വതങ്ങൾ കുലുങ്ങും കണ്ട ഒരു ഒരു ചക്രം പോലെ ദുരന്തം ഇങ്ങനെ ചുറ്റി നടക്കുക ഏ ഇടുക്കി ഡാം പൊട്ടിയാൽ വെള്ളം ഇവിടെ വരും വെള്ളം ഇവിടെ വന്നാൽ നമ്മുടെ വീട്ടിൽ കയറും നമ്മുടെ വീട്ടിൽ കയറിയാൽ ഇങ്ങനെ ഇത് പിന്നെയും വെള്ളം വന്ന് ഡാം നിറയും ഡാം പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഒരു ആവർത്തനം പോലെ വന്നാൽ നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കുക എന്ന് പറയുന്നത് പോലെയാണ് ഇവരുടെ സങ്കല്പം പർവ്വതം കുലുങ്ങി സമുദ്രത്തെ വീണു വെള്ളം വിരച്ച് അതിൻ്റെ കോപം കൊണ്ട് പിന്നെയും വേറെ പർവ്വതം കുലുങ്ങി ഉടനെ അതും വെള്ളത്തിൽ വീണു വെള്ളത്തിൽ വീണാൽ പിന്നെ എന്ത് പറ്റും പിന്നെയും ഉരച്ചു കലങ്ങും കണ്ട ഒരു ആപത്ത് മറ്റൊരാപത്തിലേക്കും ആ ആപത്ത് മറ്റൊന്നിലേക്കും ആ ആപത്ത് ആദ്യത്തെ ആപത്തിലേക്കും ഇങ്ങനെയാണെങ്കിൽ ഒരു ചക്രം പോലെ ഇതിനൊരു അവസാനമില്ല അങ്ങനെ തുടരുന്ന വേട്ടയാടുന്ന ഒരു ദുരന്തം ആ ദുരന്തത്തിൻ്റെ മധ്യത്തിൽ അവർ പറയുകയാണ് ഒരു നദിയുണ്ട് അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു ഇവിടെ ബൈബിളിൽ മല നമ്മുടെ മലയാളം ബൈബിളിൽ വിട്ടുപോയ ഒരു ചെറിയ പ്രയോഗമുണ്ട് മൂന്നാമത്തെ വാക്യം കഴിയുമ്പോൾ അവിടെ സേല എന്നൊരു പ്രയോഗമുള്ളതാണ് നമ്മുടെ പഴയ മലയാളം ബൈബിളിൽ അത് കാണുന്നില്ല കണ്ടോ സേല എന്ന് പറഞ്ഞാൽ എന്താ ഈ സങ്കീർത്തനത്തിൽ തന്നെ നാൽപ്പത്താറാം സങ്കീർത്തനത്തിൽ തന്നെ അതിൻ്റെ ഏഴാമത്തെ വാക്യം തീരുമ്പം സേല എന്ന് കാണുന്നു പതിനൊന്നാമത്തെ വാക്യം തീരുമ്പോൾ സേല എന്ന് കാണുന്നു എന്താ ഈ സേല നമുക്കറിയാമല്ലോ ഇത് കീർത്തനങ്ങളാണ് പാട്ടുകളാണ് പാട്ടുകൾ പാടി വരുമ്പോൾ അതിൻ്റെ ചില നൊട്ടേഷനൊക്കെ ഉണ്ട് ഇവിടെ കുഞ്ഞുങ്ങൾ ഇതൊക്കെ പാടുന്ന കുഞ്ഞുങ്ങൾക്കറിയാം അതിനൊരു ഋഥമോ താളമോ അത് നിർത്തേണ്ടിയ ചില പോസോ ഒക്കെ ഉണ്ട് സേല എന്ന് പറഞ്ഞാൽ എന്താ അവിടെ ഒന്ന് നിർത്തുക ഒരു ഒരു പോസ ഒരു പോസ അവിടെ ഒന്ന് നിർത്തണേ പാടി ഒരു രാഗത്തിൽ ഇങ്ങനെ വരിക പർവ്വതങ്ങൾ കുലുങ്ങി ഈ സമുദ്രമത്തെ വീണു അതിൻ്റെ വെള്ളം ഇരച്ചു കലങ്ങി അതുകൊണ്ട് പിന്നെയും പർവ്വതം സേല മലയാളം പൈ വെള്ളം അത് വിട്ടുപോയി പക്ഷേ ആ സേലയ്ക്ക് അവിടെ ഒരു അർത്ഥമുണ്ട് എന്താ അതേവരെ പറഞ്ഞു വന്ന പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചുള്ള ചിത്രം ഒന്ന് നിർത്തണേ വേറൊരു കാര്യം പറയാനുണ്ട് എന്താ ഒരു നദിയുണ്ട് അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ അത്യണ്ണത്തിൻ്റെ വിശുദ്ധ തന്നെ സന്തോഷിപ്പിക്കുന്നു ഇതാണ് അവർ നാലാമത്തെ വാക്യത്തിൽ പറയുന്നത് ഞാൻ പറഞ്ഞു വരാൻ വന്ന് വരുന്നത് ഇത്രയേ ഉള്ളൂ പ്രിയപ്പെട്ടവർ അവിടെ കാണുന്ന നദിയുണ്ടല്ലോ നാലാം വാക്യത്തെ കാണുന്ന നദി ആ നദി ഭയപ്പെടുത്തുന്ന ഒരു നദിയല്ല മുകളിൽ പറഞ്ഞ പ്രകൃതി ദുരന്തങ്ങളുടെ ഭാഗമോ അതിന് പങ്കാളിത്തമോ ഉള്ള ഒരു നദിയല്ല ഈ നദി ഈ നദിയിലും വെള്ളമുണ്ട് പക്ഷെ ആ വെള്ളമെന്താ ആളുകളെ സന്തോഷിപ്പിക്കുന്നതും ആളുകളെ വെള്ളമുള്ള ഒരു നദി അത് വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു നദി ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തന്നെ കാണിക്കുന്ന ഒരു നദിയെ അവർ പറയുന്നത് നമ്മൾ പറഞ്ഞു വന്നത് സഹോദര സഹോദരി നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും പ്രശ്നങ്ങളുണ്ടാവും നമുക്ക് പുറത്ത് പ്രശ്നങ്ങളുണ്ടാവും നമ്മുടെ ജീവിതത്തിന് നേരെ പ്രശ്നങ്ങളുണ്ടാവും പല നിലയിലുള്ള ഓ പർവ്വതം കുലുങ്ങി സമുദ്രമധ്യേ വീണു വെള്ളം ഇരച്ചു കലങ്ങി ഇനി ഒരു രക്ഷയില്ല വീണ്ടും പർവ്വതം കുലുങ്ങുന്നു എന്നൊക്കെയുള്ള നിലയിൽ ഭൂമി മാറിപ്പോകുന്നു നമ്മൾ ചിലപ്പോൾ പേടിയോട് പറയൂ അയ്യോ ഇതിനൊരു അവസാനമില്ലേ അവസാനമില്ലേ അങ്ങനെയുള്ള ജീവിതത്തിൽ നമ്മളായിരിക്കുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും രോഗങ്ങളായാലും പ്രകൃതി ദുരന്തങ്ങളായാലും നമ്മുടെ തന്നെ വിശ്വാസ ജീവിതത്തിന് നേരെയുള്ള പ്രലോഭനങ്ങളായാലും വെല്ലുവിളികളായാലും ഒക്കെ വരാം അതിൻ്റെ മുമ്പാകെ പകച്ചു നിൽക്കുമ്പോൾ ഒരു നദിയുണ്ട് അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ അത്യണ്ണത്തിൻ്റെ വിശുദ്ധ തന്നെ സന്തോഷിപ്പിക്കുന്നു എന്ന കാര്യം ഓർക്കണേ എന്ന് മാത്രം പറയാനാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് ആകെപ്പാടെ ഒരു കാര്യമേ പറയാനുള്ളൂ നമുക്കെല്ലാം പ്രയാസങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ മധ്യത്തിൽ പ്രശ്നങ്ങളില്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല കർത്താവ് എപ്പോഴും വളരെ റിയലിസ്റ്റിക്കായി യാഥാർത്ഥ്യബോധത്തോടെ സംസാരിച്ചിട്ടുള്ളൂ രാഷ്ട്രീയക്കാരെ പോലെയല്ല ഏ നടക്കാത്ത മോഹന വാഗ്ദാനങ്ങളൊന്നും തന്നിട്ടല്ല കർത്താവ് പോയത് കർത്താവ് പോകാൻ നേരത്ത് പറഞ്ഞു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെയാണോ ഒരാൾ ഒരു നേതാവ് പറഞ്ഞിച്ച് പോകേണ്ടത് എൻ്റെ പിന്നാലെ വരുന്നവർക്ക് ഒരു കഷ്ടവുമില്ല എന്നല്ലേ ഒരു മോഹന വാഗ്ദാനമല്ലേ നൽകേണ്ടത് എന്നാൽ കർത്താവ് വളരെ യാഥാർത്ഥ്യബോധമുള്ള ആളായത് കൊണ്ട് കർത്താവ് പറഞ്ഞു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് ലോകത്തിലെ കഷ്ടത്തിൻ്റെ ഭാഗമായി ഈ നിലയിലുള്ള നമുക്ക് വിശദീകരിക്കാനൊക്കാത്ത ഒത്തേറെ ഒട്ടേറെ കാര്യങ്ങൾ വരാം പക്ഷേ അതിൻ്റെ നടുക്ക് ഒരു ദൈവപൈതലേ എനിക്കും നിനക്കും ആശ്വസിക്കാൻ ഒരു നദിയുടെ ആ സ്വാതനം ഉണ്ടാവണം ഉണ്ടാകുന്നില്ലെങ്കിൽ എവിടെയോ എന്തോ ഒരു തകരാറുണ്ട് നമ്മുടെ ഉള്ളിൽ ഒരു ഒരു ദൈവസാന്നിധ്യത്തിൻ്റെ ദൈവസാന്നിധ്യത്തിൻ്റെ ഒരു ആന്തരികമായ ഒരു ഉറവ ഉണ്ടായിരിക്കണം പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഒന്നും മനസ്സിലാകുന്നില്ല ഇവിടെ ഒരു സഹോദരൻ ചിലപ്പോൾ പറയാറുള്ളുപോലെ ഒന്നും മനസ്സിലാകുന്നില്ല ബ്രതറേ ശരിയാണ് ചിലപ്പോൾ എനിക്കും തോന്നാറുള്ളൂ ഒന്നും മനസ്സിലാകുന്നില്ല പക്ഷേ അവിടെ കൊണ്ട് നിർത്തല്ലേ അവിടെ കൊണ്ട് നിർത്തരുത് ഒന്നും മനസ്സിലാകുന്നില്ല പക്ഷേ എന്തോണ്ട് ഒരു നദിയുണ്ട് ഒരു നദിയുണ്ട് സഹോദരി നിൻ്റെ പ്രയാസങ്ങൾ കഷ്ടങ്ങൾ ആർക്കും മനസ്സിലാകുന്നില്ല നിനക്ക് തന്നെ മനസ്സിലാകുന്നില്ല അതിനൊരു അവസാനമില്ലെന്ന് തോന്നുന്നു അത് ആവർത്തിച്ചാവർത്തിച്ചു വരുന്നതുപോലെ റൊട്ടേറ്റ് ചെയ്തു വരുന്നത് ഒന്ന് മറ്റൊന്നിലേക്കും അത് മറ്റൊന്നിലേക്കും അത് ആദ്യത്തേതിലേക്കും അത് വീണ്ടും അങ്ങനെ വരുന്ന പോലെയും ഒക്കെ തോന്നുന്നു പക്ഷേ അതിൻ്റെ നടുക്കും നമുക്കുള്ള ദൈവ ആശ്വാസം എന്താ ഒരു ജീവജല നദിയുണ്ട് അതിൻ്റെ സ്വാന്തനം നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കണം ആന്തരികമായിട്ട് നമ്മളെ ചൈതന്യപ്പെടുത്തുന്ന ഒരു ഉറവയാത് ഉറവയാത് അതിനോടായിരിക്കണം നമ്മൾ കൂടുതൽ കൂടുതൽ ബന്ധപ്പെട്ട് കൊണ്ടിരിക്കേണ്ടത് അങ്ങനെ ബന്ധപ്പെടുമ്പം പുറത്തുള്ള പർവ്വതങ്ങൾ കുലുങ്ങിയാലും ഭൂമി മാറിപ്പോയാലും ഒവ് അതിൻ്റെയൊക്കെ ചില ആഘാതങ്ങൾ നമുക്കുണ്ടാകും എങ്കിലും നമ്മൾ ഈ ലോകമനുഷ്യരെ പോലെ ഈ കാര്യത്തെ വിട്ടുപോകുകയില്ല വിട്ടുപോവുകയില്ല നമുക്കപ്പോഴും ഉള്ളിലൊരു ഒരു ഒരു സ്വസ്ഥതയുണ്ടാകും പ്രശ്നങ്ങളുടെ നടുവിലും ഒരു സ്വസ്ഥത ദൈവസമാധാനത്തെക്കുറിച്ച് ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഓർക്കുന്നില്ല ദൈവസമാധാനത്തെക്കുറിച്ച് ഒരു പെയിൻറ്റിങ് കോമ്പറ്റീഷൻ നടക്കും പെയിൻറ്റിങ് കോമ്പറ്റീഷന് സമാധാനം എന്നതാ വിഷയം സമാധാനം എന്നുള്ള വിഷയത്തെക്കുറിച്ച് പെയിൻറ്റിങ് കോമ്പറ്റീഷൻ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഓഗസ്റ്റ് പതിനഞ്ചുമൊക്കെ ആകുമ്പോൾ സ്കൂളിലുമൊക്കെ പല മത്സരങ്ങളുണ്ടല്ലോ അപ്പോൾ കുട്ടികൾ ചെന്നപ്പം വിഷയം കൊടുത്തു സമാധാനം ഉടനെ സമാധാനം എന്താ നമുക്കങ്ങനെ ഒരു വിഷയം കിട്ടിയാൽ നമ്മളതെങ്ങനെയാണ് ചിത്രീകരിക്കുന്നത് സമാധാനം അപ്പോൾ ഒരു കുഞ്ഞ് നോക്കിയപ്പോൾ കുഞ്ഞ് അത് വളരെ ഒരു മരത്തിൽ ഒരു പക്ഷി ഇരുന്ന് പാടുന്നു താഴെ ഒരു ആട്ടുംകുട്ടി കണ്ണൊക്കെ അടച്ച് കിടക്കുന്നു ഒരു കാറ്റിൻ്റെ അതെങ്ങനെയാണ് ചിത്രീകരിക്കുകയെന്ന് എനിക്കറിഞ്ഞൂടെ നല്ല ഇലകളൊക്കെ അനങ്ങുന്നത് പോലെ ഒക്കെ വളരെ മനോഹരം സമാധാനം അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഈ കുഞ്ഞിനായിരിക്കും സമ്മാനം കിട്ടുക എന്നാൽ എന്നാൽ ഈ കോമ്പറ്റീഷൻ നടത്തിയ ആളുകൾ ഒന്നാം സമ്മാനത്തിന് തെരഞ്ഞെടുത്തത് എന്താണെന്നറിയാമോ ഒരു വലിയ നദി പാറക്കെട്ടുകളിൽ തല്ലി അലച്ച് അത് വീഴുന്നു അതിൻ്റെ നടുക്ക് ഇപ്പോഴും വെള്ളത്തിലേക്ക് വീഴും എന്ന മട്ടിൽ കടപുഴകി നിൽക്കുന്ന ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പിലിരുന്ന് ഒരു കിളി മധുരമായിട്ട് പാടുന്നു അതിനാണ് ഒന്നാം സമ്മാനം കൊടുത്തത് കണ്ടോ ഞാൻ പറഞ്ഞു വന്നത് യാഥാർത്ഥ്യബോധം കൂടുതൽ ഏതാ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത ജീവിതം കർത്താവിനെ സ്വീകരിച്ചു ഇനിയും ജീവിതത്തിൽ ഒരു പ്രശ്നവും ഇല്ല അങ്ങനെയല്ല കാര്യങ്ങൾ ഉണ്ട് പക്ഷേ വെള്ളം വാർത്ത അലച്ചു വരും ഓ പാറക്കെട്ടുകൾ തല്ലി വീഴും നമ്മളിരിക്കുന്ന മരം പോലും കടപുഴകി ഇപ്പോഴോ അല്പം കഴിഞ്ഞോ ആണോ ഈ വെള്ളത്തിൽ വീഴുന്നതെന്ന് സംശയിച്ച് നിൽക്കും പക്ഷെ അതിൻ്റെ നടുക്കും ഉള്ളിലുള്ള ഒരു ആന്തരിക സമാധാനത്തോടൊരു കുരുവിക്കിരുന്ന് പാടാൻ കഴിയുമെങ്കിൽ അതാണ് യഥാർത്ഥ സമാധാനം നമ്മളെ ആ കുരുവെയായിട്ടാണ് ദൈവം വിളിച്ചിരിക്കുന്നത് ഞാൻ ഒത്തിരി കാര്യങ്ങളിലൊക്കെ പോകാതെ പ്രിയപ്പെട്ടവരെ ഈ നദിയെക്കുറിച്ച് നമുക്ക് വളരെ വേഗത്തിൽ ചില കാര്യങ്ങൾ നോക്കാം നദി ബൈബിളിലെ പലയിടത്ത് ഈ നദിയെക്കുറിച്ച് ഈ ഉറവയെക്കുറിച്ച് പറയുന്നുണ്ട് സക്രിയാവിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ സക്രിയാവിൻ്റെ പുസ്തകം അതിൻ്റെ പതിനാലാമത്തെ അധ്യായം പതിനാലാമത്തെ അധ്യായം എട്ടാമത്തെ വാക്യം ചില വാക്യങ്ങൾ നമുക്ക് വളരെ വേഗത്തിൽ നോക്കാം അന്നാളിൽ സക്രിയാവ് പതിനാലിൻ്റെ എട്ട് അന്നാളിൽ ജീവനുള്ള വെള്ളം യരിശിലേമിൽ നിന്ന് പുറപ്പെട്ട് കടലിലേക്കൊഴുകും ജീവനുള്ള വെള്ളം ജീവജലം അതെവിടെ നിന്ന് പുറപ്പെടുവെന്നാണ് അവിടെ കാണുന്നത് യരിശിലേമിൽ നിന്ന് പുറപ്പെടും യോവേൽ യോവേൽ പ്രവചനത്തിലേക്ക് വരുമ്പോൾ യോവേൽ പ്രവചനം അതിൻ്റെ മൂന്നാമത്തെ അധ്യായം മൂന്നാമത്തെ അധ്യായം അവിടെ നമ്മൾ ഇതുപോലെ തന്നെ ഒരു നദിയുടെ ഉത്ഭവത്തെക്കുറിച്ച് കാണുന്നുണ്ട് മൂന്നിൻ്റെ അതിൻ്റെ പതിനെട്ടാമത്തെ വാക് വാക്യത്തിൻ്റെ അവസാന ഭാഗം യഹൂദിയിലെ എല്ലാ തോടുകളും വെള്ളമൊഴുക്കും യഹോവയുടെ ആലയത്തിൽ നിന്ന് ഒരു ഉറവ പുറപ്പെട്ട് ശിത്തിയും താഴ്വരെയും നനയ്ക്കും കണ്ടോ സെക്കൻയാമിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടത് ഈ ജീവജല നദി എവിടുന്നൊഴുകുന്നു യറുശലേമിൽ നിന്നൊഴു യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം യെറുഷലേം അവരുടെ ദൈവത്തിൻ്റെ നഗരമാണ് ദൈവത്തിൻ്റെ നഗരമോ ദൈവത്തിൻ്റെ നഗരത്തിൽ നിന്ന് വരുന്ന ഒരു നദി ഒരു ജീവജല ഉറവ സക്കരിയാവതാ കണ്ടത് എന്നാൽ യോവയിൽ കുറച്ചുകൂടെ അടുത്ത് ചെന്നപ്പം യരുശലേ നഗരത്തിൽ തന്നെ എന്തുണ്ട് ആലയമുണ്ട് ദൈവത്തിൻ്റെ സമാഗമന കൂടാരൻ ദേവാലയമുണ്ട് ആ ദേവാലയത്തിൽ നിന്നാണ് ആ ഉറവ് പുറപ്പെടുന്നത് എന്ന് യോവയിൽ കണ്ടു ഏസ്കേലോ ഏസ്കേലിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ വ്യക്തതയോടെ നമുക്ക് കാണാനായിട്ട് കഴിയും ഏസ്കേൽ പ്രവചനം അതിൻ്റെ നാൽപ്പത്തിയേഴാമത്തെ അധ്യായം നാൽപ്പത്തിയേഴാമത്തെ അധ്യായം ആദ്യത്തെ വാക്യങ്ങൾ അവൻ എന്നെ ആലയത്തിൻ്റെ പ്രവേശനത്തിങ്കിൽ മടക്കി കൊണ്ടുവന്നപ്പോൾ ആലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു സക്കരിയാവ് കണ്ടത് എരിശിലേ നഗരത്തിൽ നിന്ന് പുറപ്പെടുന്നതായിട്ടാണ് കണ്ടത് ആ യോവയിൽ കണ്ടത് എന്താ യോവയിൽ കുറച്ചുകൂടെ കണ്ടപ്പോൾ അത് എരിശിലേ നഗരത്തിൽ തന്നെയുള്ള പുറപ്പെടുന്നു ഇവിടെ ഇതാ ഏസ്കയിൽ കുറച്ചുകൂടെ അടുത്ത് നോക്കിയപ്പോൾ എന്താ ഈ ദേവാലയത്തിൽ തന്നെ ഉമ്മറപ്പടിയുടെ കീഴിൽ നിന്നാണ് പുറപ്പെടുന്നത് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരാം നമുക്കറിയാം വെളിപ്പാട് പുസ്തകത്തിലെ ഇരുപത്തിരണ്ടാമത്തെ ഒടുവിലത്തെ അധ്യായത്തിലേക്ക് ബൈബിൾ തീരുന്നതിലേക്ക് വരുമ്പോൾ അവിടെ ഇതാ അവിടെ വെച്ചാണ് കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തതയോടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇരുപത്തിരണ്ടിൻ്റെ ഒന്നാമത്തെ വാക്യം വീഥിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ കാണിച്ചു പ്രിയപ്പെട്ടവനെ ഈ ഒരു നദിയുണ്ട് ഈ നദി എവിടുന്നാ പുറപ്പെടുന്നത് സക്കരിയാവ് പറഞ്ഞു എരിശിലേ നഗരത്തിൽ നിന്നാണ് പുറപ്പെടുന്നതെന്ന് പറഞ്ഞു യോവയിൽ പറഞ്ഞു എരിശലേ നഗരത്തിൽ തന്നെ ദേവാലയത്തിൽ നിന്നാണ് പുറപ്പെടുന്നതെന്ന് പറഞ്ഞു ഏസ്കയിൽ പറഞ്ഞു ദേവാലയത്തെ തന്നെ ഉമ്മറപ്പടിയുടെ കീഴിൽ നിന്നാണ് അത് പുറപ്പെട്ടു വരുന്നത് പുറത്തുനിന്ന് ഞാൻ കണ്ടു ഉമ്മറപ്പടിയുടെ കീഴിൽ നിന്ന് ഇതാ വെളിപ്പാട് പുസ്തകത്തിൽ ആ ദേവാലയത്തിനുള്ളിലേക്ക് കടന്നപ്പോൾ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് തന്നെ പുറപ്പെടുന്ന ഒരു സമാധാനത്തിൻ്റെ നദിയാ സഹോദര സഹോദരി നമ്മൾ കയ്യാളുന്ന ഈ സമാധാനമുണ്ടല്ലോ ഈ സമാധാനം ലോകത്തിനു മനസ്സിലാകാത്ത ഒരു സമാധാനം ദൈവത്തിൽ നിന്ന് തന്നെ കുഞ്ഞാടിൻ്റെ സിംഹാസനത്തിൽ നിന്നും പുറപ്പെടുന്ന ഒരു ജീവജലത്തിൻ്റെ നദി കൊണ്ട് ഉള്ളു നിറയപ്പെട്ടവരായിട്ട് അല്ലെങ്കിൽ അതിനോടൊരു നമ്മൾ നിൽക്കണം നമ്മൾ ബൈബിളിൽ ഈ ജീവജലത്തെക്കുറിച്ച് പറയുന്നിടത്ത് പല ഭാഗങ്ങളും നമുക്ക് നോക്കാം ഇരമ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഈ ജീവജലത്തെ ആരുടെ ജീവജലമെന്ന് പറയുന്നു ഇരമ്യാവിൻ്റെ പുസ്തകം രണ്ടാമധ്യായം രണ്ടാമധ്യായത്തിൽ രണ്ടാമധ്യായം തുടങ്ങുന്നത് യഹോവ അരളി ചെയ്യുന്നു എന്ന് പറഞ്ഞ യഹോവയുടെ അരളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ ഇരമ്യാവിൻ്റെ പുസ്തകം രണ്ടാമധ്യായം ഒന്നാമത്തെ വാക്യം അപ്പം യഹോവയെ അവിടെ പറഞ്ഞു വരുന്നത് യഹോ പറഞ്ഞു വരുമ്പോൾ രണ്ടിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ യഹോവ പറയുക അല്ലെ പിതാവായ ദൈവം പറയുക എൻ്റെ ജനം രണ്ട് ദോഷം ചെയ്തിരിക്കുന്നു അവർ ജീവജലത്തിൻ്റെ ഉറവയാ ഉറവായ എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു അപ്പോൾ ഇരമയാവ് ഇവിടെ രണ്ടാമധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ പിതാവായ ദൈവം ഈ ജീവജലത്തിൻ്റെ ജീവജലം ആരാണെന്നാണ് പറയുന്നത് താൻ തന്നെയാണെന്നാണ് പറയുന്നത് പിതാവായ ദൈവം പറയുന്നു ഞാൻ തന്ന ജീവജലത്തിൻ്റെ ഉറവേയായ ഉറവായ എന്നെ ഞാനാണ് അതിൻ്റെ സോഴ്സ് ഞാനാണ് എന്നിൽ നിന്നാണ് പുറപ്പെടുന്നത് എന്ന് പിതാവായ ദൈവം പറയുന്നു യോഹനാൻ്റെ സുവിശേഷം കർത്താവിൻ്റെ കാലം വന്നപ്പം യോഹനാൻ്റെ സുവിശേഷം നാലാമധ്യായത്തിൽ കർത്താവ് ഈ ജീവജലത്തെക്കുറിച്ച് പറഞ്ഞപ്പം അവിടെ എന്താ പറയുന്നത് നാലിൻ്റെ പതിനാലാമത്തെ വാക്യം ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവായിത്തീരും കണ്ടോ ഇവിടെ യേശു പറയുന്നത് ഈ വെള്ളം എവിടുന്നാ പുറപ്പെടുന്നതെന്നാ ആരാ കൊടുക്കുന്നതെന്നാ ഞാനാ കൊടുക്കുന്നത് ഞാനാ കൊടുക്കുന്നത് നേരത്തെ പിതാവായ ദൈവം പറഞ്ഞു ഞാനാ ജീവജലത്തിൻ്റെ ഉറ ഉറവെന്ന് പറഞ്ഞു ഇവിടെ പുത്രൻ തമ്പരാൻ പറയുന്നു ഞാനാ ഞാനാ കൊടുക്കുന്നതെന്ന് പറയുന്നു ഏഴാമധ്യായത്തിലേക്ക് വരുമ്പോഴോ യോഹന്നൻ്റെ സുശേഷം ഏഴാമധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇതാ ഏഴാമധ്യായത്തിൽ ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് സംസാരിക്കുന്ന ആ ഘട്ടത്തിൽ അവിടെ ആ ഏഴാമധ്യായ മുപ്പത്തെട്ട് മുപ്പത്തി വാക്യങ്ങൾ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവിഴുത്തു പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചായിരുന്നു പറഞ്ഞത് യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായിയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു ഇവിടെ കണ്ടോ ഈ ജീവജലത്തിൻ്റെ നദി പരിശുദ്ധാത്മാവാണെന്നാണ് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്ന ത്രിയേക ദൈവം അവിടുന്ന് പിതാവാണ് പുത്രനാണ് പരിശുദ്ധാത്മാവാണ് ജീവജലത്തെക്കുറിച്ച് നമ്മൾ കണ്ടു നോക്കിയപ്പോൾ ഇതാ ഇ രമ്യാവിൻ്റെ പുസ്തകം രണ്ടിൻ്റെ പതിമൂന്നിൽ പിതാവ് പറയുന്നു ഞാനാ ജീവജലത്തിൻ്റെ ഉറവ യോഹനൻ്റെ സുശേഷ നാലാം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യത്തിൽ പുത്രൻ തമ്പുരാൻ പറയുന്നു ഞാനാണ് ഇവിടെ ഇതാ യോഹനൻ്റെ സുശേഷം ഏഴാം അധ്യായം മുപ്പത്തെട്ടോ മുപ്പത്തൊൻപതാം വാക്യങ്ങളിൽ അത് പരിശുദ്ധാൽമാവാണ് ഇതിനെ മൂന്നിനെയും കൂടെ ക്രോഡീകരിച്ച് പറയുമ്പോൾ നമുക്കിങ്ങനെ പറയാം പിതാവായ ദൈവത്തിൽ നിന്നും പുത്രനിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നും പിതാവിൽ നിന്നും പുറപ്പെട്ട് പുത്രനിലൂടെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ ചൈതന്യം നൽകുന്ന ഒരു ജീവജലത്തിൻ്റെ ഉറവയാണിത് നമ്മളെ കണ്ടു ഇത് സിംഹാസനത്തിൽ നിന്ന് തന്നെ പുറപ്പെട്ട് ഉമ്മറപ്പടിയുടെ കീഴിലൂടെ ആ ആ ദേവാലയത്തിൽ നിന്ന് എരിശിലെ നഗരത്തിൽ നിന്ന് ഒഴുകി വരിക നമ്മളെന്താ പറഞ്ഞു വരുന്നത് നമ്മൾ ഈ ഇതിനെ ഈ ജീവജലത്തിൻ്റെ നദി ജീവജലത്തിൻ്റെ ഉറവാണ് ഇതിനെ പരിശുദ്ധാത്മാവ് എന്ന് ബന്ധപ്പെടുത്തി നമ്മുടെ ചുറ്റുപാടുമെല്ലാ ആളുകളും പലപ്പോഴും പറയാറുണ്ട് അത് ശരിയാണ് തന്നെ എന്നാൽ കേവലം ഇതിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ നിലയിലുള്ള വരങ്ങളോട് മാത്രം ബന്ധപ്പെടുത്തിയാൽ പോരാ അതിനപ്പുറത്ത് ഇത് കേവലം പുത്രനിലും പിതാവിലും ഒക്കെ ഉള്ള ആദ്യമുതലേ ഉള്ള ത്രിയേക ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ വരുന്ന നമ്മളെ ആശ്വസിപ്പിക്കുന്ന നമ്മളെ ധൈര്യപ്പെടുത്തുന്ന നമ്മളെ ചൈതന്യപ്പെടുത്തുന്ന ഇന്ന് വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ഒരു നദിയായി ഇതിനെ ചിത്രീകരിക്കാം അതാണ് നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ പറഞ്ഞു വന്ന ഏർ മടങ്ങി വരുമ്പോഴോ ഇവിടെ ഇതാ ഈ പ്രശ്നങ്ങളുടെ എല്ലാം നടുവിൽ പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണു വെള്ളം ഇലച്ചു കലങ്ങി പർവ്വതങ്ങൾ കുലുങ്ങി അവിടെ ഒന്ന് നിർത്തി ഒരു പോസിന് ശേഷം ഒരു സേലാക്കിയ ശേഷം കോരഹൂത്രന്മാർ തുടർന്ന് പാട്ടിൻ്റെ ഒരു രാഗം മാറി വീണു ഒരു നദിയുണ്ട് അതിൻ്റെ തോടുകൾ അത്യുന്നതിൻ്റെ വിശുദ്ധ തന്നെ സന്തോഷിപ്പിക്കുന്നു ഞാൻ പറഞ്ഞു വന്നത് ഇത് പറഞ്ഞു വന്നതിനെ ഇങ്ങനെ സംക്ഷേപിക്കാം പ്രിയപ്പെട്ടവരെ നമുക്കറിയാവുന്ന കൊച്ചു കാര്യമായി എന്നാൽ നമ്മുടെ ഉള്ളിൽ ഈ കാര്യം ഒരു ബോധ്യമായിട്ട് വന്നിരുന്നെങ്കിൽ അതായത് നമ്മുടെ ജീവിതത്തിൽ പല നിലയിലുള്ള കാര്യങ്ങൾ വരാം എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ദൈവവൈതലെ നീ ആടിപ്പോകരുത് നീ കുലുങ്ങി പോകരുത് കാരണം എന്താ നീ നീ ഒരു ജീവജലത്തിന്റെ ഉറവയുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് ആ ജീവജലത്തിന്റെ ഉറവ കേവലം പരിശുദ്ധാത്മാവിന്റെ ചില മാത്രമല്ല അത് പുത്രൻ തമ്പുരാനിൽ നിന്ന് പുറപ്പെടുന്നു പിതാവിൽ നിന്നും പുറപ്പെടുന്നു പരിശുദ്ധാത്മാവായ നദിയായി ഒഴുകുന്നു ഇത് കുഞ്ഞാടിൻ്റെയും ദൈവത്തിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് തന്നെ പുറപ്പെടുന്നു ദൈവത്തിൻ്റെ ആദ്യ മുതലുള്ള ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ താല്പര്യമാണ് ഇതിങ്ങനെ യാദർച്ഛ്യ നമ്മളിങ്ങനെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ വന്നു നമുക്കൊത്തിരി കഷ്ടങ്ങൾ വരുന്നു ഇത് ഇങ്ങനെയല്ല ഇതിനെ കാണേണ്ടത് നമുക്ക് ഈ കാര്യങ്ങളെ ദൈവം ഇങ്ങനെയാണ് ആദിയിൽ പ്ലാൻ ചെയ്തത് തന്നിൽ വിശ്വസിക്കുന്ന ആളുകൾ അവരെ ഈ ലോകത്ത് നിന്ന് എടുത്ത് കൊണ്ട് അവർക്കൊരു സമാധാനം കൊടുക്കുകയല്ല ഈ ലോകത്തിൽ തന്നെ വെച്ചുകൊണ്ട് പ്രശ്നങ്ങളുടെ നടുവിൽ വെച്ചുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിൽ നിന്ന് സമാധാനത്തിൻ്റെ ഒരു ഉറവ പുറപ്പെടുന്ന ഒരു പദ്ധതി ദൈവം ആദ്യയിലേ പ്ലാൻ ചെയ്തു അതാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് ഇങ്ങനെ ഇതിനെ കാണുമ്പോൾ നമുക്കിതിനെ നിസാരവൽക്കരിക്കാനൊക്കെയല്ല ഓ സാരമില്ല ഞാനങ്ങ് കുലുങ്ങിപ്പോയി എന്ന് പറയാനായിട്ട് ഒക്കുകയില്ല നമ്മളെന്ത് ചെയ്യണം നമ്മിലൊരു ആന്തരിക ചൈതന്യമായിട്ട് ദൈവസാന്നിധ്യം ദൈവ സാന്നിധ്യ ബോധം പ്രശ്നങ്ങളുടെ നടുവിലും ദൈവത്തെ അറിയുന്നവരായിട്ട് കുലുങ്ങാതെ നമ്മൾ നിൽക്കണം ഇത്രയും മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ നോക്കുക ഇവിടെ ഈ നദി അതിൻ്റെ വേറൊരു പ്രത്യേകത അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ ആ നദിയുടെ പ്രത്യേകത കാണുന്നു സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട് യാക്കോവിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു പതിനൊന്നാമത്തെ വാക്യത്തിലും അത് ആവർത്തിക്കുന്നുണ്ട് സൈന്യങ്ങളുടെ ഹോവ നമ്മോട് കൂടെയുണ്ട് യാക്കോവിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു ഈ നദി എന്ന് പറയുന്നത് സത്യത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നെ ഈ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കണ്ടോ സൈന്യങ്ങളുടെ ഹോവ സൈന്യങ്ങളുടെ ഹോവ യാക്കോവിൻ്റെ ദൈവം ഈ പ്രയോഗങ്ങളൊക്കെ തമ്മിൽ ഒരു അല്പവ്യത്യാസമുണ്ട് സൈന്യങ്ങളുടെ യഹോവ എന്ന് പറഞ്ഞാൽ എന്താ അതിനെ കാണിക്കുന്നത് ദൈവത്തെ ഏതെല്ലാം തരത്തിൽ പറയാം പക്ഷെ ഇവിടെ ദൈവത്തെ സൈന്യങ്ങളുടെ ദൈവം എന്ന് പറയുമ്പോൾ അത് കാണിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയെയാണ് കാണിക്കുന്നത് ശക്തിയാണ് കാണിക്കുന്നത് യാക്കോബിൻ്റെ ദൈവം എന്ന് അടുത്ത് പറയുന്നത് യാക്കോബിൻ്റെ ദൈവം പറയുമ്പോൾ അത് കാണിക്കുന്നത് എന്താ അത് ദൈവം നമ്മളോട് ചെയ്യുന്ന ഉടമ്പടിയെയാണ് കാണിക്കുന്നത് യാക്കോബിനോടാണല്ലോ ദൈവം ഉടമ്പടി ചെയ്തത് ഉടമ്പടി ചെയ്ത് അവൻ്റെ തലമുറയെടുത്ത് ഇസ്രായേലിലാക്കി തീർത്ത് അങ്ങനെ മുന്നോട്ട് പോകുന്നു അപ്പോൾ ഈ വാക്കുകളെ നമ്മൾ വെറുതെ അങ്ങ് സൈന്യങ്ങളുടെ ഹോവ യാക്കോബിൻ്റെ ദൈവം എന്നിങ്ങനെ കാണല്ലേ സൈന്യങ്ങളുടെ ഹോവ എന്ന് പറയുമ്പോൾ അത് നമ്മളെ ശക്തിപ്പെടുത്തി നമ്മളെന്ത് കാണണം നമ്മളെ ശക്തിവാനായ ഒരു ദൈവത്തെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് ശക്തനായ ഒരു ദൈവത്തെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയെ കാണണം അപ്പം നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഈ ദൈവം എന്താ ദൈവം കഴിവില്ലാത്തവനല്ല അവിടുന്ന് ശക്തനാണ് ശക്തനാണ് രണ്ട് യാക്കോവിൻ്റെ ദൈവം യാക്കോവിൻ്റെ ദൈവം എന്ന് പറയുമ്പോൾ ഉടമ്പടിയുടെ ദൈവം അവിടുന്ന് നമ്മളോടൊരു ഉടമ്പടി ചെയ്തിട്ടുണ്ട് എന്താണ് ഓ എൻ്റെ പിന്നാലെ വരുന്നവൻ അവൻ്റെ അവനെക്കുറിച്ച് ദൈവത്തിനൊരു അവനുമായിട്ടൊരു കവനൻ്റുണ്ട് ഒരു കവനൻ റിലേഷൻഷിപ്പാണ് മൂന്നാമത്തെ കാര്യവും അവിടെ നമ്മൾ വായിച്ചത് ഏഹോ അ നമ്മോട് കൂടെ ഉണ്ട് ദൈവം നമ്മോട് കൂടെ എന്ന് പറഞ്ഞാൽ എന്താ അത് ഇമ്മാനുവേലാണ് ഇമ്മാനുവേലാണ് ആ വാക്യത്തിൽ ഏഴിലും പതിനൊന്നിലും മൂന്ന് കാര്യങ്ങളാണ് സ്ട്രെസ് ചെയ്ത് നമ്മളോട് പറയുന്നത് ദൈവ നീ വിശ്വസിക്കുന്ന ദൈവം അവിടുന്ന് ശക്തിയില്ലാത്ത ഒരു ദൈവമല്ല അവിടുന്ന് ശക്തനാണ് ഈ ഭൂമണ്ഡലത്തെ ഈ ഭൂമിയെ ഇതിനെ എല്ലാം സൃഷ്ടിച്ച ഓ ശക്തനായ ഒരു ദൈവമാണ് അവിടുത്തെ ശക്തിയിലേക്ക് അത് വിരൽ ചൂണ്ടും അതുപോലെ തന്നെ അങ്ങനെയുള്ള ദൈവം എന്നോടും നിന്നോടും ഒരു ഉടമ്പടി ചെയ്തിരിക്കുന്നു നമ്മളോട് അവിടുന്ന് ചെയ്ത ഉടമ്പടി അവിടുന്ന് പാലിക്കാതിരിക്കുകയില്ല പലപ്പോഴും കഷ്ടങ്ങളുടെ പ്രയാസങ്ങളുടെ മധ്യത്തിലൂടെ കടന്നു പോകുമ്പം നമ്മൾ ചിലപ്പോൾ ഇതിനെയൊക്കെയാണ് സംശയിച്ചു പോകുന്നത് ദൈവം ദൈവം എനിക്ക് വേണ്ടി മാറ്റിത്തരാൻ അവിടുന്ന് ശക്തനാണോ അതെ ദൈവം സൈന്യങ്ങളുടെ ഹോവിയെ അവിടെ നിന്ന് ദൈവത്തിന് ശക്തി ഉണ്ടെങ്കിലും ഇത് ചെയ്തു തരാൻ അവിടുത്തേക്ക് മനസ്സുണ്ടോ രണ്ടാമത്തെ ചോദ്യം അപ്പോൾ നമ്മൾ കാണണം ഓ അതെയോ അത് ചെയ്യും കാര്യം അവിടുന്ന് യാക്കോവിൻ്റെ ദൈവമാണ് യാക്കോവിൻ്റെ ദൈവം ഉടമ്പടിയുടെ ദൈവം എന്നോട് ഉടമ്പടി ചെയ്തവനാണവൻ എന്നെ വിളിച്ചവനാണ് ഞാനീ ലോകത്തിലും എൻ്റെതായ വഴിക്കും പോകുമ്പോൾ ലോക സ്ഥാപനത്തിന് മുമ്പ് എന്നെ തിരഞ്ഞെടുത്തവനാണ് അവിടുന്ന് അവിടുന്ന് വാക്കുമാറുകയില്ല അവിടുന്ന് എന്നെ നടത്തും വിശ്വാസത്തിൻ്റെ ആ ഉറപ്പുകളിലേക്ക് വരിക അതുപോലെ തന്നെ മൂന്നാമതവിടെ കാണുന്നു യഹോ നമ്മോട് കൂടെ ഉണ്ട് അവൻ ഇമ്മാനുവലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കൂടുതൽ അറിയുന്ന ഒരു ഒരു അവസരം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ പ്രയാസങ്ങളുടെ മധ്യത്തിൽ ദൈവത്തെ കൂടുതൽ കൂടുതൽ ഈ നിലയിൽ രുചിച്ചറിയാൻ നമുക്കുള്ള ഒരു സാധ്യതയാവുള്ളത് കഷ്ടങ്ങളിലൂടെ കടന്നു വരുമ്പം ദൈവത്തെ അതേവരെ അറിഞ്ഞതിനേക്കാൾ അപ്പുറത്ത് ദൈവത്തെ അറിയാനുള്ള ഒരു സാധ്യത കഷ്ടങ്ങൾ ലോക മനുഷ്യർക്കുള്ളതുപോലെയല്ല നമുക്കുള്ളത് അവരതിൻ്റെ മുമ്പാകെ കുലുങ്ങി വീണുപോകുമ്പോൾ അതിൻ്റെ നടുവിലും ഈ വലിയവനായ ദൈവത്തോടുള്ള ഒരു ബന്ധത്തിൽ ഒരു ആന്തരിക നദി ഒരു നദിയുണ്ട് അതിൻ്റെ തോടുകൾ നമ്മളെ ശക്തിപ്പെടുത്തുന്നു നമ്മളെ സ്വാതന്ത്ര്യപ്പെടുത്തുന്നു പ്രിയപ്പെട്ടവർ ഇതെല്ലാം പറഞ്ഞു വരുമ്പോൾ പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മൾ എന്തിലാ സത്യത്തെ ധൈര്യപ്പെടേണ്ടത് ദൈവത്തിൻ്റെ തന്നെ ദൈവശക്തനാണെന്ന് പറഞ്ഞു അവിടുന്ന് ഉടമ്പടി ചെയ്യുന്നവനാണെന്ന് പറഞ്ഞു അവിടുന്ന് നമ്മുടെ കൂടെയിരിക്കുന്നവനാണെന്ന് പറഞ്ഞു ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ആത്യന്തികമായിട്ട് ഒരു കാര്യത്തിലാണ് ദൈവം എന്താ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നവനായ ദൈവം ദൈവത്തിൻ്റെ സ്നേഹത്തെയാണ് കാണിക്കുന്നു ദൈവം ഈ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മളെ സ്നേഹിച്ചു പലപ്പോഴും നമ്മൾ അത്ഭുതപ്പെട്ടു പോകും എന്തിനാണ് നമ്മളെ സ്നേഹിച്ചത് എന്ത് സ്നേഹിക്കാൻ നമ്മൾ എന്താ ഉണ്ടായിരുന്നത് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ദൈവം എന്തുകൊണ്ടോ നമ്മളെ സ്നേഹിച്ചു നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ അത്ര മെച്ചപ്പെട്ട ആളൊന്നും ആയിട്ടല്ല പക്ഷെ എന്തുകൊണ്ടോ ലോക സ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മളെ സ്നേഹിച്ചു അവിടെ അതിൻ്റെ തുടക്കം ദൈവത്തെ വിശ്വസിക്കുക എന്നൊക്കെ പറയുമ്പം എന്താ നമ്മൾ വിശ്വസിക്കുന്നത് ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതിലാണ് വിശ്വസിക്കേണ്ടത് ദൈവമായിട്ട് ശ്രദ്ധിക്കണേ നമ്മൾ വിശ്വാസത്തെ പറയും വിശ്വാസത്തെക്കുറിച്ച് പറയും വിശ്വാസത്തിന് ചിലപ്പം ഈ പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും വെള്ളം വിരച്ച് കലങ്ങും അന്നേരമൊക്കെ നമുക്ക് വിശ്വാസം നഷ്ടപ്പെടും ഈ വിശ്വാസം നഷ്ടപ്പെടുമ്പം ദൈവ സാന്നിധ്യത്തിലേക്ക് വീണ്ടും നമുക്ക് കടന്നു വരാൻ ഒക്കുന്നത് ഏതിൽ നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് ഒക്കുന്നത് ദൈവം എന്നെ സ്നേഹിക്കുന്നു അവിടുന്ന് അവിടുന്ന് എന്നോട് ഉടമ്പടി ചെയ്തവനാണ് അവൻ എന്നോട് കൂടെയുണ്ട് എന്നുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കാണ് നമ്മൾ മടങ്ങി സ്നേഹത്തിലേക്ക് മടങ്ങി വരിക ഓർക്കുക സ്നേഹവാനായ ദൈവം അവിടുന്ന് എന്നെ തള്ളിക്കളയുകയില്ല എന്ന വലിയ ഉറപ്പ് ദൈവം ഇതിലേ നമുക്കുണ്ടാകണം ഈ സ്നേഹത്തെക്കുറിച്ച് കാണുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ അവിടുന്ന് എന്ത് ചെയ്യുന്നു നമുക്കായിട്ട് ഈ പ്രശ്നങ്ങളുടെ നടുക്ക് അവിടുന്ന് പോംവഴികൾ ഒരുക്കുന്നു അവിടുന്ന് പോംവഴി ഒരുക്കുന്നു പക്ഷെ അവിടുന്ന് സ്നേഹിക്കുന്ന ഈ ദൈവം നമുക്ക് വേണ്ടി പോംവഴി ഒരുക്കുമ്പം തന്നെ അവിടത്തേക്കൊരു ഒരു പ്രവർത്തന വിധത്തിൽ ഒരു പ്രത്യേകതയുണ്ട് ദൈവത്തിൻ്റെ പ്രവർത്തനവിധം ദൈവത്തിന് ആരുടെ കൂടെ നിൽക്കാനൊക്കെ ദൈവത്തിന് ബലഹീനരായ ആളുകളുടെ കൂടെ നിൽക്കാനൊക്കെ ഉള്ളു ആവർത്തന പുസ്തകം ആവർത്തന പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ പത്താമധ്യായം ദൈവത്തെ അവിടെ പഴയ നിയമത്തിൽ പോലും പരിചയപ്പെടുത്തുന്നത് ആവർത്തന പുസ്തകം പത്താമധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം അവൻ അനാഥർക്കും വിധവമാർക്കും ന്യായം നടത്തി കൊടുക്കുന്നു പരദേശിയെ സ്നേഹിച്ച് അവന് അന്നവും വസ്ത്രവും നൽകുന്നു ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത കണ്ടോ ദൈവം ആരുടെ പക്ഷത്ത ദൈവം അനാഥരുടെയും വിധവമാരുടെയും പരദേശിയുടെയും പക്ഷത്ത അയ്യോ നമ്മൾ അങ്ങനെയല്ലേ വിചാരിച്ച ദൈവം വളരെ നിഷ്പക്ഷനാണ് ദൈവത്തിനൊരു പക്ഷമില്ലെന്നാണ് നമ്മൾ കരുതിയിരുന്നത് എന്നാൽ ദൈവചനം നമ്മൾ സൂക്ഷിച്ചു വായിക്കുമ്പോൾ ദൈവത്തിന് ഒരു പക്ഷവാതിത്വമുണ്ട് ദൈവത്തിൻ്റെ പക്ഷവാതിത്വം ആരോടാണ് ദൈവത്തിൻ്റെ പക്ഷവാതിത്വം അനാഥനോടാണ് വിധവയോടാണ് പരദേശിയോടാണ് എന്താ ഈ അനാഥൻ്റെയും വിധവയുടെയും പരദേശിയുടെയും പ്രത്യേകത അവർക്ക് അവരിൽ തന്നെ ഒരു ബലമില്ല അവരനാഥന ഓർഫന് ഓർഫന് അങ്ങനെയുള്ള ആളിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആരിലേ ആശ്രയിക്കാനുള്ളൂ ദൈവത്തിൽ മാത്രമേ ആശ്രയിക്കാനുള്ളൂ അതുപോലെ തന്നെ വിധവ നമ്മളീ കാര്യം കാണുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാമത്തെ ആയത്തിലെ വിധവയെക്കുറിച്ച് കർത്താവ് പറഞ്ഞ വിധവയെക്കുറിച്ച് ഓർത്തുപോകും ഈ വിധവയ്ക്ക് ആരിലെങ്കിലും ആശ്രയിക്കാനുണ്ടോ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ലൂക്കോസ് പതിനെട്ടിലെ ആ വിധവയുടെ ഉപമ നമ്മളെടുത്ത് നോക്കുന്നില്ല അവൾക്ക് ചെന്ന് ആശ്രയിക്കാൻ വേറെ ആരുമില്ല ആരുമില്ല കാരണം അവൾ വിധവയാണ് കണ്ടോ വിധവയുടെ ഭാഗത്താതെയോ പരദേശി ഒരു നാട്ടിലെ സിറ്റിസണ് എന്തുണ്ട് ആ നാടിൻ്റേതായ എല്ലാ പൗരത്വവും അതിൻ്റെ അവകാശങ്ങളുമുണ്ട് മൂന്ന് തരത്തിലുള്ള നിസ്സഹായതയാണ് ഇവിടെ അനാഥൻ വിധവ പരദേശി എന്ന് പറഞ്ഞിരിക്കുന്നു ആവർത്തന പുസ്തകം പ പത്തിൻ്റെ പതിനെട്ടിൽ ദൈവം ഈ അനാഥൻ്റെയും വിധവയുടെയും പരദേശിയുടെയും പക്ഷത്ത പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ പ്രയാസങ്ങളുടെ മധ്യത്തിൽ ദൈവം തൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മളെ ഓർപ്പിച്ച് നമ്മളെ പോംവഴികൾ തരുന്നതിനെക്കുറിച്ചാണല്ലോ പറഞ്ഞത് ദൈവം തീർച്ചയായിട്ടും നമ്മളെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ പ്രശ്നം ദൈവത്തിന് ബലഹീനനെ മാത്രമേ അവൻ്റെ പക്ഷത്ത് മാത്രമേ നിൽക്കാനൊക്കെയുള്ളൂ ബലമുള്ള തന്നിൽ തന്നെ നിറവുള്ള തന്നിൽ തന്നെ ബലമുള്ള ഒരുവനെ ദൈവത്തിന് സഹായിക്കാനൊക്കെയില്ല അതുകൊണ്ട് ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ വേണ്ടി ദൈവം എന്തു ദൈവം നമ്മളെ ബലഹീനരാക്കും ഈ പ്രയാസം നമ്മൾ നാൽപ്പത്തി ആറാം സങ്കീർത്തനത്തെ വായിച്ചതുപോലെ പർവ്വതങ്ങൾ കുലുങ്ങുന്നതും സമുദ്രമത്തെ വീഴുന്നതും ഭൂമി മാറിപ്പോകുന്നതും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മളെ എന്തിനു വേണ്ടിയാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെ കൂടുതൽ ബലഹീനരാക്കാൻ വേണ്ടിയാണ് ബലഹീനരാക്കാൻ വേണ്ടിയാണ് നമ്മളെ എന്തിനാണ് ബലഹീനരാക്കുന്നത് അങ്ങനെ ബലമില്ലാത്തവരായി നിന്നാൽ മാത്രമേ ദൈവത്തിന് നമ്മളെ സഹായിക്കാനൊക്കെ ഉള്ളൂ നമ്മൾ പലപ്പോഴും നമ്മളെ ബലഹീനപ്പെടുത്തുന്ന ഈ സാഹചര്യങ്ങളെ നോക്കി നമ്മൾ നമ്മൾ പേടിച്ചു പോകും ഓ ദൈവത്തിന് ദൈവ എന്തിനായി ഇങ്ങനെ അനുവദിച്ചത് പക്ഷേ ദൈവത്തിന് അതിന് പിന്നിൽ ഒരു പർപ്പസുണ്ട് ലക്ഷ്യമുണ്ട് എന്താ ദൈവത്തിന് എന്നെയും നിന്നെയും സഹായിക്കണം പക്ഷെ നമ്മൾ എവിടെല്ലാമോ ഒരു ബലമുണ്ട് ആ ബലം മാറ്റി നമ്മളെ അനാഥനെപ്പോലെ വിധവയെപ്പോലെ പരദേശിയെപ്പോലെ നിസ്സഹായനായി ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്ന ഒരുവനായിട്ട് നിർത്തണം അങ്ങനെ നിർത്തിയാലേ ദൈവത്തിന് സഹായിക്കാൻ കഴിയുള്ളൂ അങ്ങനെ സഹായിക്കാൻ വേണ്ടിയാണ് ദൈവം ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് അനുവദിക്കുന്നത് ഈ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നമ്മുടെ ഹൃദയം രണ്ട് തരത്തിലായിപ്പോകാം ഒന്ന് ആ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്താം ദൈവമേ ദൈവമേ എനിക്ക് നീ അല്ലാതെ ആരുമില്ല ഈ പ്രയാസങ്ങളുടെ മധ്യത്തിൽ ഞാൻ നിന്നെ മുറുകെ പിടിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് നമ്മളെ തന്നെ താഴ്ത്താം അങ്ങനെ താഴ്ത്തുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് നമ്മുടെ പക്ഷത്ത് നിന്ന് ആ പ്രശ്നത്തിന് പോകാൻ വഴി തരും എന്നാൽ ചിലപ്പോൾ എന്ത് സംഭവിക്കാം ഈ കഷ്ടങ്ങൾ തന്നെ നമ്മുടെ ഹൃദയത്തെ കൂടുതൽ കഠിനപ്പെടുത്താം പലപ്പോഴും നമ്മൾ പറയാറുള്ള ഉദാഹരണം ഉണ്ടല്ലോ വെണ്ണ വെയിലത്ത് വെച്ചാൽ എന്തു പറ്റും അത് ഉരുകും ഉരുകും എന്നാൽ മെഴുകു വെയിലത്ത് വെച്ചാൽ എന്താകും കട്ടിയാകും വെയിലെന്ന് പറയുന്നത് കഷ്ടതയെ കാണിക്കുന്നു കഷ്ടതയെ കാണിക്കുന്നു ഈ കഷ്ടതയുടെ മുമ്പിൽ നിന്നെയും എന്നെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം എന്താ നമ്മുടെ ഹൃദയം വെണ്ണ പോലെ ഉരുകണം എന്നുള്ളതാഗ്രഹം അതിനു പകരം മെഴുകു പോലായാലോ ആ കളിമണ്ണോ മെഴുകോ കളിമണ്ണോ മെഴുകോ ആയാലും അത് എന്ത് ചെയ്യും അത് അതിനെ ചൂട് അതിനെ കൂടുതൽ കഠിനപ്പെടുത്തും കഠിനപ്പെടുത്തും കട്ടയാക്കും ഞാൻ പറഞ്ഞു വന്നത് ഇതേയുള്ളൂ കഷ്ടങ്ങളുടെ നടുവിൽ നമ്മളെ എന്താക്കണം ദൈവം നമ്മളെ കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാക്കി തീർക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു അതിനു പോകാൻ മറുവശത്തൊരു സാധ്യതയുണ്ട് മറുവശത്തൊരു സാധ്യതയുണ്ട് ആ സാധ്യതയിലേക്ക് നമ്മൾ പോകല്ലേ ഞങ്ങൾ ബുധനാഴ്ച കൂടിയപ്പോൾ ഒരു സഹോദരൻ ദൈവ സ്നേഹത്തെക്കുറിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഒരു വാക്യം യൂതയുടെ ലേഖനത്തിൽ നിന്ന് വാക്യം കാണിക്കുന്നുണ്ട് യൂതയുടെ ലേഖനം അതിൻ്റെ ഒരൊറ്റ അധ്യായം മാത്രമുള്ള ആ ലേഖനത്തിൽ ഒരു കാര്യം പറയുന്നു ഈ എൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം ഇരുപത്തിയൊന്നാമത്തെ വാക്യം നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നു കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുള്ളൂ കണ്ടോ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു ആ സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ദൈവം ഈ പ്രശ്നങ്ങളൊക്കെ നമ്മളെ അനുവദിക്കുന്നത് ഈ പ്രശ്നങ്ങളിലൂടെ നമ്മൾ എളിമയുള്ളവരായി താഴ്മയുള്ളവരായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിന് ആ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിച്ച് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് ദൈവത്തിന്റെ ആഗ്രഹം എന്നാൽ അവിടെ എന്ത് എന്ത് എന്ത് വേണം നമ്മളെന്ത് വേണം നമ്മുടെ ഭാഗത്ത് നമ്മൾ ദൈവസ്നേഹത്തിൽ നമ്മളെ തന്നെ സൂക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് ദൈവസ്നേഹത്തിൽ നമ്മളെ തന്നെ സൂക്ഷിക്കുക എങ്ങനെയാ ദൈവസ്നേഹത്തിൽ നമ്മളെ തന്നെ സൂക്ഷിക്കാൻ നമ്മളവിടെ നമ്മളെ തന്നെ താഴ്ത്തിയാലേ ഈ ദൈവസ്നേഹത്തിൻ്റെ നാല് അതിരിനുള്ളിൽ നമ്മളെ സൂക്ഷിക്കാനൊക്കെ ഉള്ളു അതിനു പകരം നമ്മളവിടെ ഹൃദയത്തെ കഠിനപ്പെടുത്തിയാൽ ഈ ദൈവസ്നേഹത്തിനകത്ത് നമുക്ക് നിൽക്കാനോ കാതെ പോകും താഴ്മയാണ് എപ്പോഴും രക്ഷയ്ക്കുള്ള മാർഗം കർത്താവായ യേശു ക്രിസ്തു അത് ഫിലിപ്പലേഖനം രണ്ടാമധ്യായത്തിൽ അവിടുന്ന് ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് രക്ഷ കൊണ്ടുവന്നത് താഴ്മയിലൂടെയാണ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളുടെ മധ്യത്തിൽ ആ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തുക താഴ്ത്തുക ദൈവമേ നിൻ്റെ സ്നേഹത്തെ ഞാൻ സംശയിക്കുന്നില്ല നിനക്കെന്നോട് സ്നേഹമുള്ളത് കൊണ്ടാണ് നീ ഈ പ്രശ്നങ്ങൾ എനിക്ക് അനുവദിക്കുന്നത് ഈ പ്രശ്നം നീ എനിക്ക് അനുവദിക്കുന്നത് നീ എൻ്റെ പക്ഷത്ത് നിൽക്കാൻ വേണ്ടിയ എന്നിൽ എവിടെയോ ചില ബലങ്ങളുണ്ട് ചില ചില കഠിനതകളുണ്ട് ആ കഠിനതകളെ ഇല്ലാതാക്കാൻ വേണ്ടി എന്നെ ആരാധനയും വിധവേയും പരിദേശിയെ പോലെ നിന്നിൽ ആശ്രയിക്കുന്നവനാക്കാൻ വേണ്ടി നിൻ്റെ സ്നേഹത്തിൽ എന്നെ തന്നെ സൂക്ഷിക്കുന്നവനാക്കാൻ വേണ്ടി നീ ഇതെനിക്ക് അനുവദിക്കുന്നു അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു എന്ന് പറയുമ്പോൾ നമുക്കവിടെ രക്ഷയുണ്ട് ആ രക്ഷ അത് അതിലൂടെ ദൈവം നമ്മളെ വിടുവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകല്ലേ ഞാൻ എബ്രായം ലേഖനത്തിൽ നിന്ന് രണ്ട് വാക്യങ്ങളുടെ നമുക്ക് നോക്കാം എബ്രായം ലേഖനം അതിൻ്റെ നാലാമധ്യായത്തിലേക്ക് വരുമ്പോൾ നാലാമധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യം ആകെയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശപത്തനുഭവം അവ ശേഷ ശേഷിച്ചിരിക്കും എന്താ ഈ ശപത്ത് സ്വസ്ഥത എന്താ ഈ സ്വസ്ഥത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിലുള്ള സ്വസ്ഥത ഓ ദൈവത്തിൻ്റെ സ്നേഹത്തിലുള്ള ഒരു സ്വസ്ഥതയാണ് നമുക്ക് എന്താ വേണ്ടത് നമുക്കെപ്പോഴും ആ സ്വസ്ഥതയിലേക്ക് വരണം നമുക്കൊരു ശബദ് അനുഭവത്തിലേക്ക് വരണം നമ്മൾ വായിച്ചതുപോലെയുള്ള പ്രയാസങ്ങളുടെ മധ്യത്തെ പലപ്പോഴും നമ്മുടെ ഹൃദയം ചഞ്ചലിച്ചു പോകാം ചഞ്ചലിച്ചു പോകാതെ ദൈവസ്നേഹം എന്നുള്ള സ്വസ്ഥതയിലേക്ക് വരണം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം കണ്ടോ നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കാം ജീവിതത്തിൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് തലച്ചോറിലറിയാമെങ്കിലും യാഥാർത്ഥ്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ പലപ്പോഴും നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടും നമ്മൾ വിചാരിക്കുന്ന ദൈവം എന്നെ സ്നേഹിക്കുന്നില്ലേ ഇല്ല പ്രിയപ്പെട്ടവരെ ആ സമയത്ത് എന്തോ വേണം ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള അസ്വസ്ഥതയിലേക്ക് ആ ഒരു ആ ഒരു ഉറപ്പിലേക്ക് സ്വസ്ഥത സ്വസ്ഥത എന്ന് പറയുമ്പോൾ എങ്ങനെയേ നമുക്ക് സ്വസ്ഥതയിലേക്ക് വരാൻ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഇതിൻ്റെ മധ്യത്തിൽ ദൈവം എന്നെ സ്നേഹിക്കുന്നു ദൈവം എന്താ ചെയ്യുന്നതെന്ന് തനിക്കറിയാം അവിടെ നിന്നെ കൂടുതൽ ബലഹീനനാക്കി എൻ്റെ പക്ഷത്ത് നിൽക്കാൻ വേണ്ടിയാണ് ദൈവം ഇത് എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സ്നേഹത്തിലൂടെ ആ സ്വസ്ഥതയിലേക്ക് നമ്മൾ പിന്നെയും പിന്നെയും പ്രവേശിച്ചുകൊണ്ടേയിരിക്കണം അവിടെ അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കാ തരുന്നത് ദൈവം നമ്മളെ സ്വസ്ഥതയിലേക്ക് അങ്ങ് കൊണ്ടുവരുമോ എന്നല്ല പറഞ്ഞേക്കുന്നു നമ്മളെന്താ പറയുക നമ്മൾ ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിപ്പാൻ ഉത്സാഹിക്കുക ഉത്സാഹിക്കുക പൗലോസിൻ്റെ ജീവിതത്തിൽ പൗലോസ് കടന്നുപോയ ഒരു കാര്യത്തെക്കുറിച്ച് താന് എടുത്ത് പറയുന്നുണ്ട് രണ്ട് കൊരിന്തർ അഞ്ചാമധ്യായത്തിലാണ് അഞ്ചാമധ്യായത്തിൽ പൗലോസ് താന് കടന്നുപോയ പ്രയാസങ്ങളെക്കുറിച്ച് പറയുന്നു ആ പ്രയാസങ്ങളുടെ മധ്യത്തിൽ ആ പ്രയാസങ്ങളുടെ മധ്യത്തിൽ പൗലോസിനെ ദൈവം തന്നെ ശക്തിപ്പെടുത്തുകയും സമാധാനപ്പെടുത്തുകയും ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും പ്രയാസങ്ങളുടെ മധ്യത്തിൽ താന് കഷ്ടങ്ങളുടെ പ്രയാസങ്ങളുടെ അസ്വസ്ഥതകളുടെ മധ്യത്തിൽ അവിടെ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് തന്നെ പറയുന്നു എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം ഞങ്ങളെ എന്തു ചെയ്യുന്നു ഞങ്ങളെ ദൈവം ഞങ്ങളെ സമാധാനത്തിലേക്ക് സ്വസ്ഥതയിലേക്ക് കൊണ്ടുവരുന്നു ആ വാക്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ച ഞാൻ അതിൻ്റെ ക്ഷമിക്കണം ഏഴാം അധ്യായത്തിലാണ് രണ്ട് കോരിന്തിയർ ഏഴാം അധ്യായത്തിലാണ് ഏഴാം അധ്യായത്തിൽ അതിൻ്റെ അഞ്ചാമത്തെ വാക്യം ഞാൻ മക്കതൂനിയയിലെത്തിയ ശേഷം ഞങ്ങളുടെ ജഡത്തിനൊട്ടും സുഖമല്ല എല്ലാവിധത്തിലും കഷ്ടം അത്ര ഉണ്ടായത് യുദ്ധം അകത്ത് ഭയം എങ്കിലും എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം ഞങ്ങളെ ആശ്വസിപ്പിച്ചു എന്നിട്ടോ അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ കാണുന്നു ഞങ്ങളുടെ സകല കഷ്ടതയിലും സന്തോഷം എനിക്ക് കവിഞ്ഞിരിക്കും കഷ്ടങ്ങളുടെ നടുവിൽ ദൈവത്തെ സ്പർശിക്കുന്ന ആ നദിയോട് ബന്ധപ്പെട്ട് അങ്ങനെ അതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച കഷ്ടതയുടെ നടുവിലും തനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നു ഇതെല്ലാം തനിക്ക് നേടാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ് എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം താൻ ആ ഭാഗത്ത് താൻ എളിയവനായിത്തീർന്നു താൻ തന്നെ തന്നെ താഴ്ത്തി തന്നെ തന്നെ താഴ്ത്തിയപ്പം ദൈവത്തിനവിടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എളിയവരെ മാത്രമേ ദൈവത്തിനെ ആശ്വസിപ്പിക്കാനായിട്ട് കഴിയുള്ളൂ പ്രിയപ്പെട്ടവരെ നമുക്ക് ചിന്തിച്ചു കാര്യങ്ങളെ നമുക്ക് ഇങ്ങനെ ദൈവത്തിൽ ആശ്രയിപ്പിനുള്ള ഒരു അവസരമായിട്ടെടുക്കാം നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളുടെയും കഷ്ടങ്ങളുടെയും മധ്യത്തിൽ ഓ ഇവിടെ ഇനിയും ഞാൻ തകർന്നു പോകും വീണു പോകും എന്നാണോ സഹോദരൻ നീ ചിന്തിക്കുന്നത് സഹോദരി നീ ചിന്തിക്കുന്നത് പർവ്വതങ്ങൾ കുലുങ്ങുന്നു സമുദ്ര വീഴുന്നു വെള്ളം ഇരിച്ചു കലങ്ങുന്നു പക്ഷേ അതിൻ്റെ മധ്യത്തിൽ നിനക്കൊരു സമാധാനമുണ്ട് ഒരു നദിയുണ്ട് ആ നദി എന്താ ആ നദി വലിയവനായ ദൈവത്തിൻ്റെ തന്നെ പ്രസൻസിനെയാണ് കാണിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയാണ് കാണിക്കുന്നു ദൈവ സാന്നിധ്യബോധത്തിലേക്ക് വന്ന് ഇതിൻ്റെ നടുവിൽ ധൈര്യത്തോടെ നിൽക്കുക ദൈവത്തിൻ്റെ വിടുതലുകൾ കാണുക സ്വയബലങ്ങൾ മാറ്റിവെക്കുക നിന്നെ തകർക്കാനായിട്ട് ദൈവം കൊണ്ടുവരുന്ന ഈ കാര്യത്തിൻ്റെ പിന്നെയുള്ള സ്നേഹത്തെ തിരിച്ചറിയുക സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തുമ്പോൾ ദൈവമോട് വിടുതലും ആശ്വാസവും നൽകും കാര്യം എളിയവരെ ആശ്വസിപ്പിക്കാതിരിക്കാൻ ദൈവത്തിന് കഴിയയില്ല നമുക്ക് ദൈവസന്നിധിയിൽ എളിയവരായിട്ട് നിൽക്കാം ദൈവത്തെ ഇന്ന് നമ്മൾ ചിന്തിച്ച കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്ക് വീണ്ടും ദൈവത്തിൽ ആശ്രയിക്കുന്നവരായിട്ട് നിൽക്കാം ദൈവത്തിൽ വിശ്വാസം വിശ്വാസം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിലും ദൈവത്തിൻ്റെ കരുണയിലും നമ്മളോടുള്ള അവിടുത്തെ ഇടപാടുകളുടെ പിന്നിലുള്ള മനോഭാവത്തിലും ഉള്ള ഒരു ഉറപ്പാണ് ആ ഉറപ്പ് കിട്ടി നമുക്ക് ഏത് രംഗത്തും നമ്മളെ തന്നെ താഴ്ത്തുന്നവരായിട്ട് നമുക്ക് നിൽക്കാം അപ്പോൾ ഈ പർവ്വതങ്ങൾ മാറിപ്പോയാലും അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നുള്ള നദി നമ്മളെ ചൈതന്യപ്പെടുത്തും നമ്മളെ ആശ്വസിപ്പിക്കും നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുകയും നമുക്ക് കേട്ട കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മളെ തന്നെ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിച്ചാൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം